തന്റെ അമ്മയുടെ അപാര വാത്സല്യത്തിലേക്ക് തന്നെ കൊണ്ടുപോയ അയിരടികളാണ് കേൾക്കുന്നത് തിരിച്ചു വന്നു ഇരുന്നു മുമ്പിലിരിക്കുന്ന അയാളെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഇത്രയും പ്രവർത്തന എല്ലാം പ്രതിഭ ചെയ്തത് നോർമലായാണ് പക്ഷെ അയാളെ സമ്മേളത്തുള്ള ഈ കുട്ടി അബ്നോർമലാണ് ഇതിനെ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക നാല് ടാബ്ലെറ്റ് വിഴിഞ്ഞാൻ അനുവദിക്കുക കിടത്തി ഉറക്കുക ഇതാണ് നിങ്ങളുടെ ശാസ്ത്രം അവളുടെ പ്രതിഭ അതീവ നോർമലായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് അതേ പ്രതിഭപോലെ തന്നെയാണ് ഇയാളും പെരുമാറുന്നത് മനസ്സിലായില്ല പ്രതിഭയുടെ ആന്തോളനം വന്നാൽ ബുദ്ധി എങ്ങനെയെല്ലാം പെരുമാറുമെന്നൊരു നിശ്ചയവുമില്ല ഉദാഹരണം ശരിയല്ല എന്ന് തോന്നും ഇപ്പം പിറ്റേ ദിവസം രാവിലെ ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് അവൻ്റെ അമ്മാവനെയും അമ്മായിയൊക്കെ ആദ്യം കഥ പറഞ്ഞ് കേൾപ്പിച്ച് ഇവളി ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവൻ ഭാവനെ പറഞ്ഞ് അവരെയും കൂട്ടി അവിടെ ചെന്ന് മുമ്പ് വല്ല സൈക്കാട്രിസ്റ്റിനെയും മുമ്പ് വല്ല മരുന്നും കഴിച്ചിട്ടുണ്ടോ പെട്ടെന്നാണ് ചൂടാകുന്നത് പെട്ടെന്നാണ് തണുക്കുന്നത് പെട്ടെന്നാണ് കെട്ടിപ്പിടിക്കുന്നത് പെട്ടെന്നാണ് ബഹളം വെക്കുന്നത് പെട്ടെന്നാണ് കസേര എടുത്തടിക്കുന്നത് ഇറങ്ങിപ്പോകുന്നത് അയ്യോ ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല നമുക്ക് കൂട്ടായി വേണോ നോട്ടീസ് കൊടുക്കാൻ അതോ ഞാൻ തനിച്ചു കൊടുക്കണോ വിദ്യാഭ്യാസത്തിനകത്ത് പ്രതിഭാപ്രധാനമായ ലോകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു വാക്കുപോലും സിലബസിലില്ല സിലബസിലില്ലാത്തരത് ജീവിക്കാനും ആവില്ല മനസ്സിലായില്ല ജീവിക്കണമെങ്കിൽ സിലബസിൽ വേണ്ടേ പഠിച്ച പൊത്തനത്തിന്റെ സിലബസിൽ പ്രതിഭയില്ല ഈ പ്രപഞ്ചം ആലോചിച്ചു നോക്കിയാൽ അതിവിചിത്രമാണ് പ്രതിഭയിൽ ബുദ്ധിയിൽ ബുദ്ധിയിലിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് വ്യാവഹാരികമായിരിക്കുന്ന പ്രപഞ്ചത്തെക്കാൾ സൂക്ഷ്മവും നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ കസേരയിലല്ലിരിക്കുന്നത് തറയിലുമല്ല നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ പ്രതിഭയിലാണ് ബുദ്ധിയിലാണ് അതേതെല്ലാം മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുന്നുവോ അതുപോലെയെല്ലാം നിങ്ങൾ ആടുന്നതാണ് ഈ പ്രാപഞ്ചിക രീതി പോയിട്ട് ബാക്കിയുള്ളവരുടെ പ്രതിഭ കണ്ടുപിടിക്കാൻ മനകിടും കുളവാകും ഞാനിത് പഠിപ്പിക്കുമ്പോ ഇത് കേട്ടിട്ട് നന്നായി മനസ്സിലായി ഇതാണ് സൂത്രം ഇല്ലേ അപ്പൊ ഭർത്താവിന്റെ പ്രതിഭയൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഭാര്യയുടെ പ്രതിഭ കണ്ടുപിടിച്ചാൽ ജീവിതം ധന്യമാക്കാം എന്നൊക്കെ എഴുതും എന്നിട്ട് നോട്ട് വെച്ച് നോക്കിക്കൊണ്ട് പാചക പുസ്തകം നോക്കി പാചകം ചെയ്യുന്ന പോലെ ഓരോ നീക്കത്തിനും പ്രതിഭ കണ്ടുപിടിക്കാൻ ശ്രമിക്കും കുളവാ പറഞ്ഞില്ലെന്ന് വേണ്ട പ്രതിഭ കണ്ടുപിടിക്കുന്നത് അവനവനിലാണ് മനസ്സിലായില്ല ആത്മനിഷ്ഠമായി പഠനമുള്ളൂ വസ്തുനിഷ്ഠമായില്ല എന്നിൽ ഇതനുഭവിച്ചറിഞ്ഞാൽ ഇതുപോലാണല്ല പിടികിട്ടിയൊന്നു മനസ്സിലായില്ല അപ്പൊ രസം തോന്നും പ്രതിഭ ഉണരാതിരുന്ന് കാണാൻ മനസ്സിലായില്ല പ്രതിഭ ഉണരാതെ ഉള്ളുണർന്ന് ഉള്ളുണരാതെ പ്രതിഭയുണർന്നവനെ കാണാൻ രസമാണ് അപ്പോഴാ ഈ കളി ആനന്ദപ്രദമാകും അപ്പോൾ നിഷ്കളങ്കത വരും നിസീമമായ ആനന്ദവും ഉണ്ടാവും അപ്പോൾ ഈ ലോകത്തിലെ സമസ്ത കർമ്മങ്ങളും ഈ ജ്ഞാനത്തിൽ സമന്വയിച്ച് കാണും സർവം കർമാഖിലം വാർത്ത ഞാനേ പരിസമാപ്യതേ പ്രതിഭയെ നോക്കിക്കാണേണ്ടത് അങ്ങനെയാണ് ശബ്ദത്തിനു സമാനമായി ഉണ്ടാകുന്ന ബുദ്ധിവൃത്തി എന്ന് പറഞ്ഞു ഇതുണ്ടാക്കുന്നത് ആരാണ് അജ്ഞേയമായ വാസന ഈ വിഷയപ്രപഞ്ചം അകത്തിരുന്ന് സൃഷ്ടിക്കുന്നത് അജ്ഞേയമായ തിരിച്ചറിയാനാവാത്ത വാസനയാണ് അതുകൊണ്ടാണ് ആരാലിഴും വിഷയം വിശേഷേണ ബന്ധിക്കുന്നത് വിഷയം ഷിഞ്ഞ് ബന്ധനേ ആത്വർത്ഥ നിർദ്ദേശത്തിൽ പാണിനി പറയും വിഷയം വിശേഷേണ ബന്ധിക്കുന്നത് വിഷയം അപ്പൊ ഷിഞ്ഞ് ബന്ധനെ സാഖ്യകൗമുദിയിൽ സാങ്കി കൗമുദീകാരൻ വാചസ്പതി മിശ്രൻ പറയും വിഷിണ് വിഷയണമനുബധ്നന്തി സ്വേനൂപേണ നിരൂപണീയം കുറവന്തി വിഷയാ എന്ന് വിഷയനിർവചനം എന്തൊരു പണിയാണ് ചെയ്യുന്നത് നോക്കുക നമ്മളൊക്കെ വിചാരിക്കുന്നത് നിരുപദ്രവകരമായിരിക്കുന്നതാണ് ഈ കാണുന്ന കസേരയും ഈ കാണുന്ന ബെഞ്ചും ഡെസ്കും കെട്ടിടങ്ങളും എല്ലാം ഒന്നാണ് ഈ ലോകത്തിൽ കാണുന്ന ഏത് അതിനോട് ചേർത്തുവച്ച് രാഗദ്വേഷങ്ങളെ ചമച്ച് നമ്മളെ കുട്ടിച്ചോറാക്കുന്ന ആര് ചെയ്യുന്നുവെന്ന് തിരിച്ചറിയാത്ത ഒരുവനാണകത്തിരുന്ന് പണി കാണിക്കുന്നത് അതിനെയാണ് അജ്ഞാനാശ്രിതമായ ഗുണസമ്മിശ്രമായ ഗുണാൻവിതമായ വാസന എന്ന് വിളിക്കുന്നു ഒരു പ്രാവശ്യം കണ്ടെത്തുകയും തിരിച്ചറിയുകയും വശപ്പെടുത്തുകയും ചെയ്താൽ രക്ഷപ്പെടാവുന്നതേയുള്ളൂ ജീവിതം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരിക്കലും കണ്ടെത്തുവാൻ അനുവദിക്കാത്തിടത്തിരിക്കുന്ന അനിർവചനീയമായ മായ അതിന് ദാസനായി പ്രതിഭ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങളവിരചിക്കുമ്പോൾ ാളിത്യത്തോടുകൂടി ആരാലെഴും വിഷയമായിരം ആം പ്രപഞ്ചം ആരാലോ വിരചിക്കുന്ന എന്ന് പറഞ്ഞാൽ അജ്ഞേയമായ വാസന ആരാലെഴും ഉളവാക്കുന്ന ബന്ധങ്ങൾ എണ്ണിയാലുടുങ്ങാത്ത ബന്ധങ്ങൾ വിരചിക്കുന്ന പ്രപഞ്ചം ആ പ്രപഞ്ചം പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഇവയെ പഞ്ചീകരിച്ചുണ്ടായതാണ് കുറച്ചുകൂടെ വസ്തുതാപരമായി പഞ്ചീകരണത്തെക്കാൾ ത്രിവൃത്കരണം അത് മുമ്പൂട്ടില്ല നമുക്ക് കാണാം അവിടെ അതിനോട് സാമ്യമുള്ള കാര്യങ്ങളുണ്ട് ഇവിടെയും കാണുന്ന പ്രപഞ്ചത്തെ അതിൽ വായുവും ആകാശവുമില്ല ചാന്തോഗ്യപ്രകാരം അന്നവും ജലവും അഗ്നിയും തേജസ്സും അതേ ഉള്ളൂ അത് നമുക്ക് പിന്നെ കാണാം അപ്പോ ബാഹ്യാർത്ഥങ്ങളുള്ള പ്രത്യപ് തേജോ വായു ഇവ പ്രതിഭയോ നാമമോ അല്ല അന്നവും ജലവും തേജസ്സും വെറും പ്രതിഭയല്ല വെറും നാമമല്ല ബാഹ്യാർത്ഥമാണ് ബാഹ്യവിഷയമാണ് വ്യവഹാര സമർത്ഥവുമാണ് അവിടെയാണ് മായ നമ്മളെ പറ്റിക്കുന്നത് വ്യവഹാര സമർത്ഥം നമുക്ക് സത്യമാണ് അത് മിഥ്യയാണെന്ന് പ്രതിഭയ്ക്ക് തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിലാണിത് കുഴങ്ങി മറിയുന്നത് അതുകൊണ്ടാണിത് മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ പഠിക്കുകയില്ലാത്തത് അതുകൊണ്ടിത് പഠിക്കുമെന്നൊന്നും അത്ര എളുപ്പം വിചാരിക്കണ്ട ഇത് പഠിക്കുന്നതിന് വാസനയൊന്ന് ശമിച്ചു നിൽക്കണം വാസന ശമിക്കാതെ സൃഷ്ടിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര ജന്മങ്ങൾക്കുള്ളതാണ് ഈ കൃഷിയിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് ബ്രഹ്മാണ്ട ഭോദരത്തിൽ സൃഷ്ടിരഹസ്യം മന്നൊന്തരങ്ങൾക്കപ്പുറം ബീജം കൊടുത്തു നിൽക്കുമ്പോൾ എവിടെ ഒരു ശാന്തത ആരെന്നും എന്തെന്നും എങ്ങനെയൊന്നും നിശ്ചയമില്ലാത്ത വാസനകൾ യാതൊരു മര്യാദകളുമില്ലാതെ യാതൊരു അടുക്കും ചിട്ടയുമില്ലാതെ യാതൊരു യുക്തിയുമില്ലാതെ യാതൊരു സത്യതയോടും യോജിച്ചു നിൽക്കാതെ അനുസ്യൂതം സൃഷ്ടിക്കുന്ന പ്രതിഭാപ്രധാനമായ ലോകവും അതിനെ ചുറ്റിപ്പറ്റി വാസനകൾ ആനയിച്ചുകൊണ്ടിരുന്ന ഗുണങ്ങൾ ഉന്നയിക്കുന്ന പഞ്ചീകൃത പഞ്ചഭൂത രഹസ്യം നിറഞ്ഞ വിഷയപ്രപഞ്ചവും ബാഹ്യാർത്ഥവും അന്തരർത്ഥവുമായി നിലനിൽക്കുമ്പോൾ ആരാണോ ഓർക്കുക ആർക്കാണൊന്നിരിക്കാൻ കഴിയുക വിചാരിക്കുക ആർക്കൊന്ന് ചിന്തിക്കാനാവും ചിന്തകന്മാരും പഠിതാക്കളും പഠിച്ചവരും പ്രതിഭയെയും വിഷയങ്ങളെയും നാമങ്ങളെയും സൃഷ്ടിച്ച് രസിക്കുമ്പോൾ പഠിച്ചുവെന്ന് അഭിമാനിക്കുമ്പോൾ രാണിനി ചിന്തിക്കുക ആരും ചിന്തിക്കുന്നില്ല തന്നെ ഓരാതിരിക്കുന്ന വേളയിൽ ഈക്കാണായ പ്രപഞ്ചം സത്യം തന്നെയാണ് ബാഹ്യാർത്ഥവാദം ഗുരു ഉറപ്പിക്കുകയാണ് എവിടം വരെ ഇത് സത്യമാണ് ദാ ഇവിടെ വരെ തൊട്ട് കാണിച്ചു തരിക അസത്യമാണെന്ന് ഗുരു പറഞ്ഞില്ല ഇതിവിടെ വരെ അസത്യ അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്കും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കുന്നവനെയൊക്കെ പിടി പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇത് സത്യമല്ലെന്നും ഉറപ്പിക്കണം അങ്ങനെ പോരുത് അവൻ സത്യമാണെന്ന് വിചാരിച്ചു ഓടട്ടെ അന്വേഷിച്ചു വരുന്ന ഒരു നാള് പഠിപ്പിച്ചാൽ മതി അത്തരം ആളുകൾ കൂടിപ്പോയെങ്കിൽ കൂടിപ്പോകട്ടെ അതുകൊണ്ടൊന്നും സനാതനധർമ്മ അങ്ങ് തകർന്നടിഞ്ഞു പോവുമെന്നില്ല അവരെ പഠിപ്പിച്ചാൽ ഇത് തകർന്നടിഞ്ഞു പോകും മനസ്സിലായില്ല ചിന്താശേഷി വരാതെ വിഷയപ്രപഞ്ചം സത്യമാണെന്നോർ തോടുന്നവനെ പിടിച്ച് നിർബന്ധിച്ച് റൊട്ടിയും പെണ്ണും കൊടുത്ത് ഈ വേദാന്തമൊക്കെ പഠിപ്പിച്ചാൽ സംസ്കാരം നശിച്ചു പോവും അവന് പറ്റിയതല്ല അവനി പ്രപഞ്ച ആടി രസിക്കട്ടായി ഒരു നാൾ തല ചുറ്റി വരുമ്പോ മെല്ലെ ഒന്ന് പറഞ്ഞു കൊടുത്താലും ഇവന് മനസ്സിലാവും മനസ്സിലായില്ല അതല്ലെങ്കിൽ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വന്ന് അവിടെ തന്നെ ഒരായിരം വിഷയപ്രപഞ്ചം ഉണ്ടാക്കും അതുവരെ ശാന്തമായിരുന്ന അന്തരീക്ഷാകെക്കുള മനസ്സിലായില്ല അവൻ അതെടുത്തുകൊണ്ട് പോയി ഇവൾ ഇതെടുത്തുകൊണ്ട് പോയി അവരാ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവൻ അപ്പുറത്ത് ഉണ്ടാക്കി മനസ്സിലായില്ല നല്ല ആളുകൾ കൂടുന്നിടത്ത അവസാനം ഇതൊക്കെ ചർച്ചയാവും അവസാനം വിഷയ ചർച്ചയിൽ ആത്മചർച്ചയും അവസാനിക്കും തുടങ്ങുന്നതൊക്കെ ബ്രഹ്മത്തില് അവസാനിക്കുന്നതൊക്കെ വിഷയത്തില് വിഷയത്തിൽ തുടങ്ങി ബ്രഹ്മത്തിൽ അവസാനിക്കേണ്ടത് ബ്രഹ്മത്തിൽ തുടങ്ങി മീൻസ് വിഷയത്തിൽ അവസാനിച്ച് കുട്ടിച്ചോറ ശരിയുണ്ടോ ഇല്ല ഏ ശരിയാണോ അതുകൊണ്ട് ഈ പണിക്ക് പോകാൻ ഇടവരുണ്ട് അതുകൊണ്ട് ആരെയും പിടിച്ച് നിർബന്ധിച്ച് ചില്ലറയൊക്കെ കൊടുത്ത് വണ്ടിക്കൂലി ഒക്കെ കൊടുത്ത് വേക്ക് മസാല ദോശ വാങ്ങിച്ചു തരാൻ സ്വാമിയുടെ ക്ലാസ്സുണ്ട് ഞങ്ങളിവിടുന്ന് ഒരു ടൂറിസ്റ്റ് ബസ് നിറച്ച ആള് പോകുന്നുണ്ട് ആ അങ്ങനെയൊന്നും ഒന്നിച്ച് പോകേണ്ടതല്ലേ കൊണ്ടാവാണ്ടി കല്ല് ഷാപ്പി പോകുമ്പോൾ പത്ത് പേരെ കൂടെ കൂട്ടിക്കൂ നല്ലതാ മനസ്സിലായ കാരണം ഷാപ്പിന്നിറങ്ങി വരുമ്പോ സെന്റർ ഓഫ് ഗ്രാവിറ്റി തെറ്റുമ്പോൾ കൂട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പമാണ് കാരണം നിങ്ങളുടെ പെർപെന്റിക്കുലാരിറ്റി ഹൊറിസോണ്ടാലിറ്റി ആയിട്ട് മാറുകയല്ല ആധ്യാത്മികതയിൽ ഇതൊരുതരം ഗുരുവും ശിഷ്യനുമായുള്ള ബന്ധമാണ് അതിപ്പോ ഇല്ല ലോകത്ത് ഞങ്ങളൊക്കെ ഈ ചെയ്യുന്ന പണി പ്രവചനം ബഹളമൊക്കെയാ മറ്റത് വേറെ ഇത് വേറെ ഇതിലോടൊരു അഭിരുചിയൊക്കെ ഉണ്ടായെങ്കിലുണ്ടായി ബസ് വളരെ ആലോചിച്ചോണം ഉണരുന്നത് വരെ സ്വപ്നമെന്നപോലെ അതാ ഉദാഹരണം ബാഹ്യാർത്ഥമുള്ള വ്യവഹാര പ്രപഞ്ചം അതിനെയാണ് വിഷയമെന്ന് പറയുന്നത് ബാഹ്യാർത്ഥം ഇല്ലാത്തത് വികൽപ്പം അങ്ങനെ ഒരെണ്ണം ഉണ്ട് ശബ്ദജ്ഞാനുപാതി വസ്തുശൂന്യോ വികൽപ്പ പതഞ്ജലം പുറത്ത് ശബ്ദത്തിന് അനുകൂലമായി ഉള്ളത് വ്യവഹാര സമർത്ഥമാണ് വ്യവഹാരമില്ലാത്ത ഒരു പ്രപഞ്ചമുണ്ട് അതാണ് ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികല്പ ശബ്ദജ്ഞാനത്തിന് അനുപാതമായ വസ്തു എവിടെയില്ലാതിരിക്കുന്നുവോ അത് വികല്പമാണ് പ്രതിഭ അതിൽ വികൽപ്പങ്ങളുണ്ട് ചിലപ്പം ചിന്തയ്ക്കനുസരിച്ച് വിഷയമില്ല അതിന് വികൽപ്പം എന്നാ പറയുന്നത് വേറൊന്നുമുണ്ട് വിപര്യോ മിഥ്യാജ്ഞാനമത രൂപ വികല്പം പോലെ തന്നെ മറ്റെണ്ണമാണ് വിപര്യം പാതഞ്ജലം വീണ്ടും പറയും വിപര്യം രാത്രി പന്ത്രണ്ട് മണിക്ക് മൂത്രമൊഴിക്കാനിറങ്ങിയപ്പോൾ നിൽക്കുന്നു ഒരുത്തന്മുറ്റത്ത് പേടിച്ചരണ്ട് നിലവിളിച്ചകത്ത് അപ്പോഴാണ് വീട്ടിലുള്ളവർ വലിയ അഞ്ച് സെല്ലിന്റെ ടോർച്ചും ഒക്കെ എടുത്ത് ഉണന്ന് അവനെ വെട്ടാനായിട്ട് വാക്കത്തെ ഒക്കെ ആയിട്ട് മകന് ഭർത്താവ് ഒക്കെയായിട്ട് നേരെ ചെല്ലുമ്പോൾ ഒരു വാഴക്ക ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടന്ന് അവിടെ നിൽക്കുക മനസ്സിലായില്ല സ്ഥാണുവിൽ പുരുഷനെ കണ്ടത് വിപര്യമാണ് ചിത്തിയിൽ വെള്ളി കണ്ടവർ വിപര്യമാണ് വിപര്യ ജ്ഞാനമാണ് അതിന് വിപര്യം എന്ന് പറയും വിപര്യോ മിഥ്യമതത് രൂപപ്രതിഷ്ഠ അങ്ങനെയുള്ള വിപര്യങ്ങളുണ്ട് വ്യവഹാരപ്രപഞ്ചം പോലെ തന്നെ വികല്പം വിപര്യം വേറെ ഉണ്ട് നിദ്ര ഇതൊന്നുമില്ലാത്തത് അഭാവപ്രത്യാലംബനം നിദ്ര ഭാവപ്രത്യങ്ങൾ അസ്തമിക്കുന്നത് ഇതൊക്കെയാ പണ്ട് കാലത്ത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിരുന്നത് ഗുരുവിരുന്ന് ഇതൊക്കെ പഠിപ്പിച്ചിട്ടാ ജീവിക്കാൻ വിടുന്നത് അതുകൊണ്ട് ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിക്കാൻ എളുപ്പമായിരുന്നു ഇതൊക്കെ അശാസ്ത്രീയവും അന്ധവിശ്വാസവും ഒക്കെയാണെന്ന് പറഞ്ഞാണ് ഇപ്പൊ എ ഫോർ ആപ്പൽ ബി ഫോർ ബോയി ഒക്കെ പഠിപ്പിച്ച് ഒരുമാതിരി പത്തു മുപ്പത് കൊല്ലത്തെ ജീവിതം വ്യർത്ഥവാക്കി വിവാഹപൂർവമായ എല്ലാ ജീവിതവും കഴിഞ്ഞ് വിവാഹത്തിനൊരുങ്ങി ഒടുവിൽ യാതൊരു വിധത്തിലും ജീവിക്കാനാവാതെ തന്റെ വൃത്തികേട് മുഴുവൻ നാട്ടുകാരെയും കൂടെ ബോധ്യപ്പെടുത്തി മൃത്യുവിലേക്കുള്ള യാത്ര സമയമാം ശരിയല്ല ശരിയല്ല എന്നോട് ദേഷ്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു തരം ചൊറിച്ചില്ല നിങ്ങളെ കാണുമ്പോൾ ഈ ചൊറിച്ചിൽ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു രണ്ടുമൂന്നു പേര് പറഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോ വ്യവഹാര പ്രപഞ്ചം പഞ്ചീകൃത പഞ്ചഭൂതങ്ങളോട് ചേർന്നത് വിപര്യം വികൽപ്പം നിദ്ര ഇവയെല്ലാം അപ്പൊ വിഷയലോകം നോക്കിയാൽ അത്യന്തം അസത്യമപഭി ജ്ഞാനം വെള്ളിയില് വസ്തു കാണുന്നു അതുപോലെ വെളിയിൽ വിഷയങ്ങളെ കാണുന്നു തീരെ ഇല്ലാത്ത ശബ്ദവും അൽപ്പം പോലും ഇല്ലാത്ത വസ്തുയില്ലാത്ത വെളിയിൽ വിഷയാവബോധം അല്പം പോലും ഇല്ലാത്ത ശബ്ദവും ജ്ഞാനജനകമെന്ന് ഹർഷൻ ശ്രീഹർഷൻ ഖണ്ഡന ഖണ്ഡനഖാദ്യം അതില് ഭംഗിയായി പറയും ഗുരുദേവൻ ഭംഗ്യന്തരേണ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വ്യവഹാര പ്രപഞ്ചം വ്യവഹാരത്തിലുള്ളതാണ് നാമം രൂപം പ്രതിഭ വിഷയം ഇവയെ സ്വീകരിച്ചാണ് നമ്മുടെ ഭൗതിക ജീവിതം മുഴുവൻ നടത്തുന്നത് അത് അംഗീകരിക്കുക തന്നെ അതിൻ്റെ വ്യവഹാരത്തെ ഉപയോഗിച്ചാണ് നാം വ്യവഹാരത്തെ ത്യജിക്കുന്നത് അതാണിതിൻ്റെ കളി വ്യവഹാരം കൊണ്ടാണ് അജ്ഞൻ ജീവിക്കുന്നത് അതേ വ്യവഹാരപ്രപഞ്ചം സമുജ്വലമായ ഉപയോഗിച്ചാണ് മുമുക്ഷു വ്യവഹാരത്തെ തിരിക്കുന്നത് മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ ബന്ധിക്കുന്നതും മോചിക്കുന്നതും ഒരേ സാധനത്തിലേക്കറിയാം അതിന്റെ പ്രക്രിയയാണ് മനസ്സിലാക്കേണ്ടത് അത് തിരിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ വ്യവഹാരമുണ്ട് ഇതിന് പകരം എവിടുന്നെങ്കിലും കേട്ടിട്ട് വ്യവഹാരം ഇല്ലെന്ന് പറഞ്ഞ് അങ്ങേറ്റത്തെ വേദാന്തം അടിക്കരുത് അത് പറയാൻ യോഗ്യരായവരുടെ നാവിലേ വരാവും വേറൊരിത്തൻ വീഴുമ്പോൾ അടുക്കെ പോയിട്ട് വീഴ്ച മായയാണെന്ന് കയറി അങ്ങ് പറയരുത് മനസ്സിലായി ഇനി ആരെങ്കിലും അങ്ങനെ വന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റൊരെണ്ണാന്ന് കൊടുക്കണം കൊണ്ടതും മായയാണെന്ന് പറയണം സഹിക്കൂന്നറിയണം മനസ്സിലായില്ല പിടിയിട്ടില്ല അവനവന്റെ കാര്യത്തിൽ ഇത് പറയാൻ സമർത്ഥമായിട്ട് മാത്രമേ അന്നിനോട് പറയാ ഉണരുന്നതുവരെ സ്വപ്നമെപ്രകാരം സത്യമാണോ അതുപോലെ സത്യമാണ് ഈ പ്രപഞ്ചം അറിവുണ്ടാകുന്നതുവരെ അതുകൊണ്ട് അറിവില്ലാത്തവൻ്റെ മുമ്പിൽ പോയി അറിവുണ്ട് എന്ന് നട ഇതൊക്കെ മായയാണെന്നൊന്നും ഉപദേശിക്കരുത് ജീവിതകാലം മുഴുവൻ കണ്ടവാനം ഓടിക്കതച്ച് സമ്പാദ്യത്തിന് വേണ്ടി ഓടി നടന്ന് എല്ലാം സമ്പാദിച്ച് ഒടുവിൽ വാർദ്ധക്യത്തിലൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മള് സൂചിച്ച് അതേ വഴിയിൽ പിള്ളേര് സൂഹിച്ച് കയറി വരാൻ വരുമ്പോ ആ ചെറുപ്പക്കാരായ പിള്ളേരോട് വാർദ്ധക്യത്തിലിരുന്ന് മക്കളെ ഇതൊക്കെ മായ ഞാനൊന്ന് അനുഭവിക്കട്ടെടു എന്നിട്ട് പറയാവെന്ന് പറയും മറിച്ച് നല്ല ചെറുപ്പം നല്ല രീതിയില് ഇത് മായയാണെന്ന് അറിഞ്ഞ് തന്റെ കൈപ്പിടിയിൽ മായയെ ഒതുക്കി ആത്മജ്ഞാനത്തിൽ മുഴുകി ജീവിച്ചിട്ട് ഒരുത്തനോട് മുഖത്തുനോക്കി അത് മായയാണെന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൽ ആർജവം ഉള്ളത് കൊണ്ട് അവന്റെ ഹൃദയത്തിനകത്ത് തീർ മനസിലായില്ല ഇപ്പൊ സത്യവും ധർമ്മവും ഒക്കെ പറയാം കാരണം റിട്ടയറായില്ലേ പിടിയിട്ടില്ല ഇപ്പൊ സാമൂഹ്യ പ്രവർത്തനവും ആകാം പക്ഷെ ഇതിന് മുമ്പ് വേണമായിരുന്നു എന്ന് പിള്ളേര് പറയും ഭാര്യയോട് പറയും മകൻ കേക്കാതെ പോട്ടടി റിട്ടയറാകുന്നവരെ ഇങ്ങനൊന്നും ആയിരുന്നില്ല നീ അതിൽ വിഷമിക്കൂന്നും വേണ്ട അപ്പൊ അവള് പറയുന്നത് ആ കിളവനും കിളത്തിക്കും നമ്മൾ നേരാം വണ്ണം ജീവിക്കുന്ന കുശുംബ ഇതിന് പണി എനിക്കറിയാൻ വയ്യഞ്ഞിട്ടല്ല ശരിയുണ്ടോ ശരിയുണ്ടോ ഏ അപ്പ ഇത് ഇവനോട് പറയുമ്പോ അപ്പുറത്തുനിന്ന് കേൾക്കും അപ്പോഴേ മായ പോവും അതേടി എനിക്ക് കുശുംബ എന്ന് പറഞ്ഞു ചാടി വരും അപ്പൊ ഇവള് മറ്റവണൊന്ന് ചൊറിയും എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് മായയൊക്കെ പോയില്ലേ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ എന്റെ കാര്യം ഇത് വരാതിരിക്കണം എങ്കിൽ വ്യവഹാര പ്രപഞ്ചം അജ്ഞനുള്ളത് തന്നെയാ എന്ന് അംഗീകരിക്കണം ഉറച്ചോ ഉറച്ചോ നൂറ് ശമാനം ഉറച്ചോ അപ്പൊ ഇന്നുമുതൽ ജ്ഞാനത്തിലേക്ക് വന്നാൽ സ്വപ്നത്തിൽ നിന്നുണർന്നു വന്നവന് എങ്ങനെയോ സ്വപ്നമെന്നപോലെയാണ് ഇത് ജ്ഞാനത്തിലേക്ക് വന്നുകഴിഞ്ഞാലെന്ന് അറിയുകയും ഇപ്പോൾ ഒരുത്തൻ ഉറങ്ങുകയാണ് അവന് സ്വപ്നം സത്യമാണെന്ന് മനസ്സിലാക്കി അജ്ഞാനത്തിലതുള്ളതാണെന്നറിഞ്ഞ് അവനോട് മര്യാദാമസൃണമായി വ്യവഹരിക്കാൻ പഠിക്കുകയും ചെയ്തിരിക്കണം അഗ്രി എങ്കിലേ തുടരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വ്യവഹാരത്തെ ഉപയോഗിച്ചാണ് നാം വ്യവഹാര പ്രപഞ്ചത്തെ തിരിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തെ മനസ്സെന്നെടുത്താൽ ബന്ധവും മോക്ഷവും മനകല്പിതമാണ് കൽപ്പിതം ൾ സൂക്ഷ്മമാണ് വ്യവഹാരം സ്ഥൂലമാണ് സ്ഥൂല വ്യവഹാരത്തെക്കാൾ സൂക്ഷ്മമാണ് കൽപ്പിതമായ മനസ്സിന്റെ ലോകം അതുകൊണ്ട് ബാഹ്യാർത്ഥത്തെ നിരസിച്ചിട്ട് നിലയില്ല ഇത് നിരസിക്കാതെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഞാനല്ല പോലെ ഉറപ്പിച്ചു വന്നിട്ട് സ്വീകരിച്ചു വേണം തനിക്കുവാനും ബാഹ്യാർത്ഥത്തെ നിരസിക്കുന്ന ഒട്ടേറെ മതങ്ങളുണ്ട് ശൂന്യവാദം ചർവാകം എല്ലാം ബാഹ്യാർത്ഥത്തെ പ്രായേണ നിരസിക്കുക തന്നെയാണ് ചെയ്യുന്നത് അനന്തമായ നാമങ്ങളും രൂപങ്ങളും പ്രതിഭയും വിഷയവും ചേർന്ന് കെട്ടുപിണഞ്ഞ ചിജ്ജട സംഘാതമായ ഈ പ്രപഞ്ചം ഗുരുദേവൻ തന്റെ അനേക കൃതികളിൽ ചിജ്ജടങ്ങളുടെ ഈ ആന്തോളനം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ടതിന്റെ ഭാഷയും ഋജ്ജുവാണ് ആ ചിജ്ജട സംഘാതരൂപമായ ഈ പ്രപഞ്ചം വിചിത്രതരമായ ഈ പ്രപഞ്ചം സത്യം സാക്ഷാത്കരിക്കുന്നതുവരെ ഉണ്ട് എന്നുവരെ ഇതുണ്ടോ അന്നുവരെ സത്യം ബോധ്യമല്ല ആദ്യം പറഞ്ഞത് സത്യം സാക്ഷാത്കരിക്കുന്നത് വരെ ഈ പ്രപഞ്ചം ഉണ്ട് എന്നുവരെ നമുക്ക് പ്രപഞ്ചമുണ്ടോ അന്നുവരെ നമുക്ക് സത്യമില്ല സത്യവാൻ ചമയരുത് മിഥ്യാകൽപ്പിതമായ പ്രപഞ്ചം മിഥ്യാകൽപ്പിതങ്ങളായ നാമരൂപങ്ങൾ മിഥ്യാകൽപ്പിതമായ പ്രതിഭ അവയോടുകൂടി നിലകൊള്ളുന്ന നാം അസത്യവും അസുഖവുമായ ലോകത്ത് അസത്യത്തെയും അസുഖത്തെയും വിരചിച്ച് നിലകൊള്ളുന്നു അതോ നമുക്ക് സത്യവും വിടുന്നവരെ ഇതൊക്കെയുണ്ട് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മറ്റതുണ്ട് മറ്റതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എനിക്ക് പ്രിയമുള്ളതുണ്ട് അല്ലാത്തതൊക്കെ ഇല്ലാത്തതാണ് ഇതനുഭവമല്ല ഇത് മിഥ്യാകൽപിതമാണ് എനിക്കിഷ്ടമുള്ളത് നീ ഇഷ്ടപ്പെടണം അതുമില്ല നിന്റെ പ്രതിഭയുടെ ലോകമതാണ് പോയി എല്ലാം ഒരുപോലെ സത്യമാണ് ഞാനിതെല്ലാം ഉണ്ടാക്കി മക്കളെ ഞാനൊന്ന് നോക്കട്ടെ ഇതൊന്ന് നശിപ്പിക്കാമെന്ന് താക്കോലിന്ന് കൈ കൊടുക്കുക നിന്റെ പ്രതിഭ എങ്ങനെയാണ് ഒന്ന് കളിച്ചു നോക്കാം നീ നശിപ്പിച്ചാൽ നശിക്കുന്നതാണെങ്കിൽ നശിക്കട്ടെടാണ് അച്ഛനൊന്ന് മാറുന്നേ ഞാനൊന്ന് നോക്കട്ടെ അതുണ്ടാക്കാവോ ശരി മോനെ പിടി നീ ഉണ്ടാക്കിയാൽ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ മോനെ പ്രപഞ്ച അറിഞ്ഞില്ലെങ്കിൽ പോലും സത്യതാണ് വ്യവഹാരാകെ ഇത്രയുള്ളൂ ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് വാസനക്കിണങ്ങുമാരുത വഴി ചിജ്ജട സംഘാതരൂപമായ ഈ പ്രപഞ്ചം സാക്ഷാത്കരിക്കുന്നതുവരെ അതാണ് ഓരായി നേരിത് ഓരായികിൽ സാക്ഷാത്കരിക്കാതിരിക്കുന്നുവെങ്കിൽ ചിന്തിക്കാതിരിക്കുന്നുവെങ്കിൽ അപഗ്രഹിക്കാതിരിക്കുന്നുവെങ്കിൽ ഓർക്കാതിരിക്കുന്നുവെങ്കിൽ നേരിത് എപ്പോൾ സത്യസാക്ഷാത്കാരമുണ്ടാകുന്നു അപ്പോൾ സുഖദുഃഖ സമ്മിശ്രവും വാസനാനുഗുണവും പ്രതിജന ഭിന്നവുമായ ഈ പ്രപഞ്ചം ഇല്ലാതാവും ഒന്നുണർന്നെഴുന്നേക്കുമ്പോഴേക്ക് ഈ പ്രപഞ്ചം തീർത്തു ഉള്ളുണരുമെങ്കിൽ അതിന് സമാധിയെ ശീലിക്കണം ഈ പ്രപഞ്ചത്തിന്റെ ഒത്ത മധ്യത്തിലിരുന്ന് സമാധിയെ ശീലിക്കുന്നവരുണ്ട് അവരത് മാത്രമേ ശീലിക്കാറുണ്ട് അവരോട് പോയി ചോദിച്ചാൽ പറയും ഉള്ളുണർന്നവരാണവർ അവർക്ക് ഈ പ്രപഞ്ചമില്ല ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഇത്ര ലളിതകോമളമായ പദങ്ങളിൽ ഇങ്ങനെ എഴുതി വെക്കുക അനുഭവത്തിൽ നിന്ന് വരുന്നുകൊണ്ടാണ് ഗുരുദേവൻ ഇങ്ങനെ എഴുതിയത് നമ്മൾ എഴുതിയാൽ വല്ലോ ഇങ്ങനെ ഇരിക്കും എഴുതു നമുക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ഇതുപോലെ ഉണ്ണ എഴുതിക്കളയാവോ വീട്ടിൽ പോയിട്ട് നൂറ് പേപ്പറയിൽ എഴുതി നൂറ് പ്രാവശ്യം വലിച്ചു കയറി കളഞ്ഞ് ഞാനും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നാൽ ഇത് കോപ്പി അടിക്കാവുന്നല്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല